കാരണം ദീപികയിലെ പ്രാമാണ വിചാരം ദീപിക പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട് കാരണം കുറച്ചുകൂടെയൊക്കെ പഠിച്ചതിന് ശേഷമേ പഠിക്കാറുള്ളൂ ദീപികയുടെ നിലവാരത്തിന് ഉയരുന്ന നിലവാരമാണ് യുടെ നിലവാരത്തിൽ പഠിക്കേണ്ടത് മനസ്സിലായില്ല അത്ഭുതപ്പെടാനൊന്നും മനസ്സിലായ നിങ്ങള് ബുദ്ധിമന്മാരെന്ന് അർത്ഥം കുഴപ്പമൊന്നും പറയാൻ പറ്റില്ല ഏതിനും ഉയർന്ന നിലവാരം അപ്പൊ ഇവിടെ ഇപ്പൊ യാവത് സാമഗ്രി എന്നീ ഗ്രഹവിഷയോ തോന്നുന്നു ഇതിനകത്ത് പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മൂന്ന് വ്യാഖ്യാനങ്ങൾ ഒന്ന് നീലകണ്ഠപ്രകാശിക മറ്റൊന്ന് രാമരുദ്രീയം പിന്നെ നൃസിംഹപ്രകാശ മൂന്ന് വ്യാഖ്യാനങ്ങൾ ഈ വ്യാഖ്യാനകളെല്ലാം ഇത് ഒരുപോലെയല്ല വ്യാഖ്യാനിക്കുന്നു അതാണ് ഇതിന്റെ വിശേഷത എനിക്ക് ഓരോ വ്യാഖ്യാതാക്കളും അത് അവരവരുടേതായ രീതിയിൽ അറിയിക്കുന്നു പല ഭാഗങ്ങളിലും വളരെ പ്രകടമായ വ്യത്യാസം യാവഗ്രി എന്ന് പറഞ്ഞു യാവത് സാമഗ്രി ജന്യ ഗ്രഹവിഷയത്വം എന്ന് പറയുമ്പോ യാവത് സാമഗ്രി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എല്ലാ സാമഗ്രിയും എടുക്കണം ഏതൊക്കെയാണ് ആദ്യം പറഞ്ഞെടുത്ത് വ്യവസായം ഞാൻ അതിനൊരു സാമഗ്രിയുണ്ട് ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും സാമഗ്രി വേണം ആത്മമനസംയോഗം പോലെയുള്ള സാമഗ്രികൾ വേണം രണ്ടാമത് പറഞ്ഞിടത്തും സാമഗ്രികത്തെ പറഞ്ഞെടുത്തു മിശ്രമതത്തിനും സാമഗ്രി വേണം മൂന്നാമത് പറയുമ്പോൾ പരാമർശം ഓട്ടമതത്തിൽ പറയുന്നത് എന്താണോ അനുമതിയുടെ സാമഗ്രി പരാമർശഘടിത സാമഗ്രി നോക്കി പരാമർശത്തോടൊപ്പം തന്നെ അവിടെ അനുമതി ഉണ്ടാകുന്നതിന് എന്തൊക്കെയാണോ ആ സാമഗ്രിയെല്ലാം ചേർക്കുന്നുണ്ട് പരാമർശഘടിത സാമഗ്രി പരാമർശ ഉൾപ്പെട്ട സാമഗ്രിക അപ്പൊ അവിടെ ഒരു ചോദ്യം വരും യവസാമഗ്രി തന്നി നിങ്ങളുടെ ജ്ഞാന വിഷയത്വം എന്ന് പറയുന്നിടത്ത് ഒരു മതത്തില് വ്യവസായ ജ്ഞാന വിഷയത്വം നിങ്ങളുടെ രണ്ട് ഞാനുണ്ട് ഞാനും ഗ്രഹിക്കുന്നതും പ്രാമാണത്തെ ഗ്രഹിക്കുന്നതും എന്താണോ വ്യവസായ രണ്ട് ഞാനവിടെ വരുന്നത് ഇപ്പൊ സാമഗ്രിജന്യഗ്രഹം ഒരിടത്ത് വ്യവസായ ജ്ഞാനമായി അടുത്തടുത്ത് വരുമ്പോഴോ സാമഗ്രി ജന്യഗ്രഹം എന്ന് പറയുമ്പോൾ അനുഭവ സൂന്നാം സ്ഥലത്ത് വരുമ്പോഴോ സാമഗ്രി ജന്യഗ്രഹം എന്ന് പറയുമ്പം അനുഭവിക്കുക അപ്പൊ ഈ സാമഗ്രികൾ എല്ലാം കൂടെ ചേർന്നു യാവത് സാമഗ്രി ജന്യ ഒരു ഗ്രഹം ഇല്ല ഏതെങ്കിലും ഉണ്ടാകും മൂന്നിടത്ത് സാമഗ്രികൾ ഒരുപോലെയല്ല സാമഗ്രി ജന്യഗ്രഹവിഷയത്തും ഇല്ല പിന്നെ ഇനി ആദ്യത്തെ പക്ഷമാണ് ഈ ആര് പ്രഭാകര മതമനുസരിച്ചാണ് ഈ പ്രഭാകരൻ പറയുന്നത് ഞാനും സ്വയംപ്രകാശമാണ് അപ്പൊ സ്വയം പ്രകാശമായ ജ്ഞാനമാണ് പ്രാമാണികൾ ജ്ഞാനം സ്വയം പ്രകാശമാണെങ്കിൽ പിന്നെ എന്തിനാ ജ്ഞാനത്തിന് ഇനി വേറെ സാമഗ്രിക പിന്നെ സാമഗ്രിയുടെ ആവശ്യം ഇല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സാമഗ്രിയുടെ ആവശ്യമില്ലല്ലോ എന്നാണ് നൈയായികം ചോദിക്കുന്നത് സ്വയംപ്രകാശമായി സ്വീകരിച്ചു ജ്ഞാനമാണ് പ്രാമാണികൾ വ്യവസായ സ്വയംപ്രകാശമാണെങ്കിൽ പിന്നെ വേറെ സാമഗ്രിക ആവശ്യം ഇന്ദ്രിയാർത്ഥ സന്നിവേഷം പോലെയുള്ള കാര്യങ്ങളൊന്നും സാമഗ്രിയായി സ്വീകരിക്കേണ്ട കാര്യമേ അങ്ങനെയും ഒരു പക്ഷമാണ് സാമഗ്രികാഹിത്വം എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമേന്ന് അതെങ്കിലും ഒരു സാമഗ്രിയിൽ നിന്നൊരു ജ്ഞാനം ആ ജ്ഞാനത്തിൽ നിന്നെന്തുണ്ടാവും പ്രാമാണിക അപ്പോ യാവഗ്രി സാമഗ്രിക്ക് യാവത് ഒന്നും വിശേഷം ചേർക്കാൻ പാടില്ല അല്ല ഇനി പറയുകയാണ് യാവ സാമഗ്രി എന്ന് ചേർത്തത് പ്രത്യേകം ഓരോ സ്ഥലത്തും വെവ്വേറെ സാമഗ്രികളാണ് ഈ സാമഗ്രിയിൽ നിന്നെല്ലാം എന്ത് വരുന്നു ഞാനും ഉണ്ടാകുന്നു അപ്പോ അല്ല ഞാനും എന്നെടുക്കാൻ വേണ്ടി സാമഗ്രി പ്രത്യേകം തന്നെ പക്ഷെ ഓരോന്നോരോന്നായിട്ട് എല്ലാ സാമഗ്രികളും ആ സാമഗ്രിയിൽ നിന്നുണ്ടാകുന്ന ഞാൻ അല്ലങ്കൂടെ എല്ലാം കൂടെ കൂടിച്ചിരുന്നെന്ന് വേണ്ട ഒറ്റക്കെട്ട് അങ്ങനെ ഒറ്റക്കെട്ടൊക്കെയുള്ള സാമഗ്രികളിൽ നിന്നുണ്ടാകുന്ന ഗ്രഹവിഷയത്വം അങ്ങനെ എടുത്താകും എല്ലാ യാവത്തെന്ന് പറഞ്ഞാൽ കൂടെ ചേർത്തെടുക്കാതിരുന്നാവും എല്ലാ സാമഗ്രികളും ഒന്നെടുക്കണ്ടാവും യാവത്തെന്ന് പിന്നെ എന്തിനു പറഞ്ഞു സാമഗ്രികൾ പലതുള്ളതാണ് അപ്പൊ അവിടെ എന്താ യാവത്തിന്റെ അർത്ഥം എങ്ങനെയായിരുന്നു ഏത് ജ്ഞാനത്തിന് ഏത് സാമഗ്രിയാണോ അങ്ങനെ ആ സാമഗ്രി ചെന്ന് ജ്ഞാന വിഷയത്തും അങ്ങനെ എടുക്കണം അങ്ങനെ എടുത്താലും പ്രശ്നമാണ് അങ്ങനെ എടുത്താ എന്താ പ്രശ്നം വരുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ വരുന്ന ഒരു ദോഷമെന്ന് പറയുന്നത് നിങ്ങൾ സാമഗ്രിയെന്ന് പറയുന്നു യാപതെന്ന് പറയും ഫലത്തിൽ നിങ്ങൾ പ്രത്യേകം പ്രത്യേക സാമഗ്രികളെടുത്തു കഴിഞ്ഞാൽ ഒരു പൊതു സാമഗ്രി അങ്ങനെ ഒന്നും ഇല്ലാതെ പൊതുവായ ഒരു സാമഗ്രിയെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പഴയ പ്രശ്നം തന്നെ വരും ടുത്ത് വ്യവസായം ഞാനും വേറെടുത്ത് അനു വ്യവസായം ഞാനും മറ്റെടുത്ത് അനുമതി അതിനേ സാമഗ്രി എന്ന് പറയും അതിന്റെ സാമഗ്രിയ സാമഗ്രീന്ന് പറയും അതുകൊണ്ട് ചിലര് അതുവരെ പോകുന്നുണ്ടോ എങ്ങനെയാണ് വ്യവസായം അനു വ്യവസായം അനുമതി ഇതിന്റെ സാമഗ്രിയായിട്ട് എടുക്കുന്നു അതിനപ്പുറം പോകുന്നു മറ്റു കൂട്ടർ അതിന്റെ പിന്നിൽ പോയിട്ട് അതിന്റെ സാമഗ്രിയെടുക്കുകയാണ് എന്തായാലും ശരി യാവത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പൊതു സാമഗ്രി കിട്ടത്തില്ല അതിലുപക്ഷെ എന്താണ് യാവത്ത് സാമഗ്രി എന്ന് പറയേണ്ട കാര്യമില്ല അങ്ങനെ യാവത്തെന്തിനും അവിടെ ചേർത്തു അത് സാമഗ്രി ജന്യ യ്രഹ വിഷയത്തോ അങ്ങനെ അനുഭവിക്കുന്നു സാമഗ്രിജന്യത്ഗ്രഹ വിഷയത്വം യാവത് ഗ്രഹം എന്ന് വെച്ചാൽ ഭിന്ന ഭിന്നങ്ങളായ സാമഗ്രികളിൽ നിന്ന് ഉണ്ടായ ഗ്രഹം ആ ഗ്രഹവിഷയത്വം എന്ന് പറയുന്ന എന്ത് വരുന്നു എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് വ്യവസായം എന്ന് പറയുന്ന ഗ്രഹമാണ് അവിടെയും ബ്രാഹ്മണ്യത്തിലുണ്ട് ഗ്രഹവിഷയത്വമാണ് അനു വ്യവസായം എന്ന് പറയുന്നത് എന്താണ് ഗ്രഹമാണ് അവിടെയും ഗ്രഹവിഷയത്വം അനുമതി എന്ന് പറയുന്നത് എന്താണ് ഗ്രഹമാണ് ഗ്രഹ വിഷയത്വമില്ല അപ്പോ യാവത് ഗ്രഹ വിഷയത്വം ഒന്നും വേണം അന്വയിക്കാൻ ഒന്നും ഒരു പക്ഷം പറയുന്നുണ്ട് അതാണ് ശരിക്ക സാമഗ്രി എന്നല്ല അന്വയിക്കേണ്ടത് അതാണ് കുറച്ചുകൂടെ നല്ലത് എന്നറിയും അവിടെയും വീണ്ടും പ്രശ്നങ്ങൾ വരും എന്നാലും ഇതിനപേക്ഷിച്ചതാണ് നല്ലത് എന്നാണ് ഇനി അടുത്തവിടെ പറയുന്നത് അനുമാനാദി ഗ്രാഹിക്കാണ് സിദ്ധസാധന ഭാരനായ യാവതിന് ഈ യാവത് പദത്തിന്റെ പ്രയോജനം ഇത് വ്യാഖ്യാനിക്കുന്നത് ഓരോ വ്യാഖ്യാതാക്കളും അവരവരുടെ രീതിയിലാണ് സാമഗ്രിയുടെ വിശേഷണമായി എടുത്തുകൊണ്ട് തന്നെ വയ്ക്കാൻ ചെയ്യും യാവ സാമഗ്രി ജന്യഗ്രഹ വിഷയത്വം അവിടെ യാവത്തൊന്ന് സാമഗ്രിക്ക് എന്തിനു കൊടുത്തത് അത് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയായിരിക്കും ജ്ഞാനഗ്രാഹ സാമഗ്രി സാമഗ്രിയും ജന്യഗ്രഹവിഷയത്വം യാവതവിടെ ഇല്ലെങ്കിൽ വരുന്ന ദോഷം പറയണം അതായതിപ്പോ നെയ്യായുൻ പറയണം നയ്യായുവിനെ സംബന്ധിച്ച് എന്താണ് ആദ്യം ജലജ്ഞാനം ഉണ്ടായി സംശയം ഉണ്ടായി ജലം ഉണ്ടോ ഇല്ലെങ്കിൽ അത് കഴിഞ്ഞ് പ്രവൃത്തിയുണ്ടായി പോയി ജലത്തെ കൈ കൊണ്ട് പോയി എടുത്തു അപ്പോ അവിടെ നിന്നും കൊണ്ട് പ്രവൃത്തിക്ക് ശേഷം അഭ്യാസ ദിശ എന്ന് പറയുന്നതാണ് പ്രവൃത്തി അഭ്യാസ ദിശ എന്ന് വെച്ച പ്രവൃത്തി കഴിഞ്ഞുള്ള ദശ എന്നാണ് ആ അവസ്ഥ അനുവാദം നടത്തണം പൂർവോത്പന്നം ജലജ്ഞാനം നുംബനിക്കുണ്ടായ ജലജ്ഞാനം ഇപ്പോ ഉണ്ടായത് ആദ്യം ജലം കണ്ടപ്പോണ്ടായ ആ ജലജ്ഞാനം ം എന്നുവച്ചത് ആദ്യം ഉണ്ടായ ജ്ഞാനം തന്നെ പ്രമേയമാണ് അതിൽ പ്രമാത്വം ഉണ്ടെന്നാണ് പ്രമാത്വം ഉണ്ടായിട്ട് സംശയിച്ചൊന്നേ ഉള്ളൂ ആദ്യം ഇതം ജലം എന്നുള്ള ജ്ഞാനം ഉണ്ടായപ്പോ തന്നെ എന്തായിരുന്നു ഞാനും യഥാർത്ഥമായിരുന്നു യഥാർത്ഥമായിരുന്നിപ്പോ എന്ത് ചെയ്തു സംശയിച്ചു എന്നെ പ്രവർത്തിച്ചു അപ്പൊ അനുമാനം നടത്തുകയാണ് പ്രവൃത്തി സഫലമായതുകൊണ്ട് അനുമാനം നടത്തുകയാണ് മമ പൊറോത്പന്നം ജലജ്ഞാനം പ്രമാ സഫല പ്രവൃത്തിജനകത്വ കേഗ്രഹിക്കുകയാണ് എന്നെയും തന്നെയും യഥാ ഘടകം മറ്റെന്തെങ്കിലും ഒരുപാട് ജ്ഞാനം ഉണ്ടാക്കുന്നുണ്ടോ ഇവിടെ എന്തുവരുന്നു നയ്യായകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും നയ്യായികന്റെ ഇവിടെ ഈ അനുമാനപ്രയോഗം നടത്തിയെടുത്ത് നയ്യായികനും അനുമതി ഉണ്ടാകുന്നു നയ്യായകനെ സംബന്ധിച്ചും പ്രാമാണ്യം ജ്ഞാനം ഉണ്ടാകുന്നു അനുമതി അതെങ്ങനെയാണ് സാമഗ്രീജന്യഗ്രഹവിഷയത്വം ഇവിടെയുണ്ട് സാമഗ്രീജന്യ ഗ്രഹ വിഷയത്വം ഈ ഞാൻ പറഞ്ഞു ഗ്രാഹകം എന്ന് പറയുന്നിടത്ത് ജനകം എന്നും അർത്ഥം പറഞ്ഞു എന്താണ് അനുമതി എന്ന് പറയുന്ന ജ്ഞാനം അതിൻ്റെ വിഷയമാണ് പ്രാമാണ്യം ഇവിടെ ജലജ്ഞാനത്തിലുള്ള പ്രാമാണെന്ന് പറയുന്ന എന്താണ് അനുമതിയുടെ വിഷയമാണ് അപ്പോൾ അവിടെ ജ്ഞാനം ആയിട്ട് എങ്ങനെയെടുക്കും ആദ്യം ഉണ്ടായി ഞാന തേടുക ആദ്യം ഇതം ജലമെന്നുള്ള ജ്ഞാനം ഉണ്ടായി അത് കഴിഞ്ഞ് അനു വ്യവസായം ഉണ്ടായി അപ്പോ അതെന്തായി ജ്ഞാനഗ്രാഹകമായി അതിന്റെ സാമഗ്രി നോക്കുക അതിന്റെ സാമഗ്രി എന്താണ് ഇന്ദ്രിയാർത്ഥ സന്വേഷണം പോലെയുള്ള സാമഗ്രികൾ അതായത് താർക്കികം ജലം ഞാനുണ്ടായി അതിന് വ്യവസായം ഞാനോന്ന് പറയും വ്യവസായം ഞാനുണ്ടായിക്കഴിഞ്ഞാൽ അടുത്തുണ്ടാകും അതിന് വ്യവസായം ഞാനുണ്ടായി അവിടെ ഉള്ളൂ ജലം ഞാനുണ്ടായി ണ്ടായ തുടർന്ന് എന്തോരും അനുമതി ഞാനുണ്ടാവും അതിന് സാമഗ്രിക ഉണ്ട് ആത്മപന സമീപം പോലെയുള്ള സാമഗ്രികൾ അവിടെയുണ്ട് ഈ സാമഗ്രിജന്യമായ ജ്ഞാനമാണ് അനുമതി പിന്നെ അതെന്ത് ജന്യമാണ് അത് പരാമർശഘടിത സാമഗ്രിജന്യമാണ് അപ്പോ താർക്കിയും പറയും തന്നെ സംബന്ധിച്ചിടത്തോളം സാമഗ്രി പരാമർശഘടത്ത സാമഗ്രിയാണ് പരാമർശത്തിന് നയ്യായികൻ എന്തുണ്ടായി അനുമതിയുണ്ടായി ജ്ഞാനഗ്രാഹക സാമഗ്രിക എങ്ങനെ എടുക്കും പരാമർശഘടിത്ത സാമഗ്രിയ തജ്ജന്യജ്ഞാനം എന്തായി അനുമതി അപ്പൊ ജ്ഞാനഗ്രാഹക സാമഗ്രി ജന്യഗ്രഹ വിഷയത്വം തർക്ക പറയാമല്ലോ ജ്ഞാനഗ്രാഹക സാമഗ്രി ജന്യഗ്രഹ വിഷയത്വം അല്ലേ ഇപ്പം ഇവിടെ മീമാംസകന്മാര് ശ്രമിക്കുന്നത് എന്താണോ സ്വതോ ഗ്രാഹ്യത്വത്തെ അതിനുവേണ്ടിട്ടാണ് അവർ പറഞ്ഞത് ജ്ഞാനഗ്രാഹ സാമഗ്രി ജന്യ ഗ്രഹ വിഷയത്വം എന്ന് പറഞ്ഞു അവരാണ് സ്വതപ്രാമാറഞ്ഞ കാര്യം അവിടെ യാവത്തില്ല എന്ന് യാവതില്ലാതെയാണ് പറയുന്നത് എന്ന് കരുതാ സ്വതോഗ്രാഹിത്വത്തെ കുറിച്ചാണ് പറയുന്നത് യബ്ദമില്ല ജ്ഞാനഗ്രാഹ സാമഗ്രി ജന്യ ഗ്രഹവിഷയത്വം എന്ന് വിമാനസം പറഞ്ഞു അവരുടെ സ്വതോഗ്രാഹിത്വത്തെ ശ്രദ്ധിക്കാറ് എവരി പറയുന്ന സ്വതോഗ്രാഹിത്വം ഇപ്പം നയ്യായുനെ സംബന്ധിച്ചുകൊണ്ട് നയ്യായുനും പറയുന്ന എന്താണ് നിങ്ങളീ പറയുന്ന സ്വതോഗ്രാഹിത്വം ഞങ്ങൾക്കുണ്ട് എന്തുകൊണ്ട് ജ്ഞാനഗ്രാഹ സാമഗ്രിജന്യ ഗ്രഹ വിഷയത്വം എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ് ഈ തരത്തിലാണെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിലാണെങ്കിൽ എന്തുകൊണ്ട് അനുമതിക്ക് അനുമതിയുടെ ഗ്രാഹക സാമഗ്രിയായ പരാമർശജന്യമായ അനുമതി ഗ്രഹം അതിന്റെ വിഷയത്തോണ്ട് അപ്പോ ഇവിടെ രണ്ടുപേർ തമ്മിലാണ് ചർച്ച ഒന്ന് മീമാംസകര് മറ്റത് നിയായികന്മാർ മീമാംസകര് വിടെ സമർത്ഥിക്കുന്ന സ്വതോ ഗ്രാഹിത്വം നയ്യായികർക്ക് സിദ്ധമായതാണെങ്കിൽ അവർക്കും സമ്മതമായതാണെങ്കിൽ സിദ്ധമായതിനെ സാധിക്കുന്നു എന്ന് പറയുന്ന ദോഷം മീമാംസകർ വരും എന്തുകൊണ്ട് നയായികർക്ക് സിദ്ധമായ ഒരു കാര്യത്തെയാണ് അവർ വീണ്ടും സാധിക്കാൻ ശ്രമിക്കുന്നത് അതായത് സിദ്ധമായതിനെ സിദ്ധ സാധനം എന്ന് പറയുന്ന ദോഷമാണ് മനസ്സിലായോ യത് പദം ചേർത്തില്ലെങ്കിൽ ജ്ഞാനഗ്രാഹക സാമഗ്രിയായിട്ടേങ്ങനെടുക്കും പരാമർശം സാമഗ്രി ജന്യഗ്രഹമായിട്ടെങ്ങനെടുക്കും വിഷയത്തെവിടെയൊന്നു അപ്പോ സ്വതസ്തു നൈയായിക പക്ഷത്തിലും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിരിക്കുന്നു നൈയായിക പക്ഷത്തിൽ എതിരാളിയുടെ പക്ഷത്തിൽ സിദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യത്തെ കഷ്ടപ്പെട്ട് ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ അസിദ്ധ സാധനം അതായത് പർവ്വതത്തിലിപ്പോ വന്യുണ്ട് ശ്രദ്ധിച്ചു കഴിയും ശ്രദ്ധിച്ചു കഴിഞ്ഞ വന്യെ വീണ്ടും അനുമാനം നടത്തി പോയി കഴിഞ്ഞാൽ അതെന്താകും സിദ്ധ സാധനം ശ്രദ്ധിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം അദോഷമാണ് നിഗ്രഹസ്ഥാനും പറയും അങ്ങനെ എന്നുവെച്ചാൽ പ്രതിപാദി വി സിദ്ധമായിരിക്കുന്ന ഒരു കാര്യത്തെ വാതി പോയി സിദ്ധിക്കാൻ പാടില്ല അപ്പോൾ അപ്പോൾ പ്രതിപാദിക ഞങ്ങൾക്ക് സമ്മതമായ കാര്യമാണോ നിങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നു എന്ന് പറയും ആ ഒരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നൈയായികം പറയും ഇത് ഞങ്ങൾക്ക് സിദ്ധമായ കാര്യമാണ് നിങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീമാംസ ഒരു പക്ഷത്തിൽ സിദ്ധസാധന ദോഷം അത് ഒഴിവാക്കാൻ വേണ്ടി അവരെന്ത് പറയും സ്വതസ്തുപക്ഷം അവരുടെ പക്ഷമുണ്ട് സ്വതസ്തുപക്ഷത്തെ സാധിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ യാവശ്ദം കൂടി ചേർത്തിട്ടുണ്ട് യാവസാമഗ്രി ജന്യഗ്രഹവിഷയത്വം ഇനി അത് നൈയായികന്മാരുടെ പക്ഷത്തിലുണ്ടോ എന്നുള്ള നോക്കണം യാവത് സാമഗ്രി എന്ന് പറയുമ്പോൾ രണ്ട് സാമഗ്രിയെടുക്കണം ഏത് അനുവ്യവസായത്തിന്റെ സാമഗ്രികടുക്കണം അനുവികയുടെ സാമഗ്രിയെടുക്കണം എല്ലാ സാമഗ്രികളും അപ്പൊ ഇനി നയായികന്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കണം ജലജ്ഞാനം അത് ജ്ഞാനം ജ്ഞാനഗ്രാഹകം അനുവ്യവസായം സാമഗ്രി ആത്മനസം അത പിന്നെ പരാമർശമുണ്ട് യവസാമഗ്രി ജന്യമാണോ അനുമതി എന്നാണ് അടുത്തു നോക്കേണ്ടത് യാവസാമഗ്രി ജന്യമാണോ അനുമതി എന്തുകൊണ്ട് അനുമതി അനുമതി പരാമർശജന്യമാണ് യാവസാമഗ്രിജന്യമല്ല എന്തുകൊണ്ട് അവിടെ ആത്മനെ സംയോഗിക്കുണ്ട് പക്ഷെ യവത് സാമഗ്രി ജന്യമല്ല എന്തുകൊണ്ട് അനു വ്യവസായത്തിന്റെ സാമഗ്രി ഏതാണോ ആ സാമഗ്രികൊണ്ടല്ല എന്തുണ്ടായത് അനിമിതി ഉണ്ടായത് അനു വ്യവസായത്തിന്റെ സാമഗ്രികൊണ്ട് എന്തുണ്ടാവും ആദ്യം നൈയായികന് ജലജ്ഞാനം ഉണ്ടായി ആ ജലജാനുണ്ടായി ഇതം ജലം ഞാനുണ്ടായി അടുത്ത ജലജ്ഞാനവാനകം അനുവ്യവസായം ഉണ്ടാകും ആ അനുവ്യവസായത്തിന്റെ സാമഗ്രികൊണ്ട് എന്തേ ഉണ്ടാകത്തുള്ളൂ അനുഭവ അല്ലാതെ അനുമാനത്തിന്റെ അനുമാനത്തിൽ സാമഗ്രിയായിരിക്കുന്ന ആ പരാമർശജന്യമായ അനുമതി ഈ സാമഗ്രികൊന്നും ഉണ്ടാകത്തില്ല അപ്പൊ യാവ സാമഗ്രി ജന്യ വിഗ്രഹ വിഷയത്വം എന്ന് പറഞ്ഞുകൊണ്ടെന്താ ഈ നൈയായികന് പറയുന്ന പോലെ ഇത് ഞങ്ങളും ശ്രദ്ധിച്ചിരിക്കുന്ന കാര്യമാണ് ഈ ഇതാണ് എന്നാണ് അതായത് ഈ നൈയായികം പറയുന്നു സുതപ്രാമാണ ഞങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ് നൈയായികൻ അംഗീകരിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം എന്താണ് സുതപ്രാമാണെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നതുപോലെയാണെങ്കിൽ എങ്ങനെ ജ്ഞാനഗ്രാഹ സാമഗ്രി ഗ്രാഹ്യത്വം എന്നുള്ളതാണ് സ്വതപ്രാമാണെങ്കിൽ അത് ഞങ്ങളിലും ഉണ്ടെന്നാണ് അങ്ങനെയാണ് നിങ്ങൾ സ്വതപ്രാമാണത്തെ പറയുകയാണെങ്കിൽ അത് ഞങ്ങളിലും ഉണ്ട് പക്ഷെ നയന്മാർ പിന്നെ എന്തു പറയും ഞങ്ങളതിനു സ്വതപ്രാമാണിയെങ്കിൽ അംഗീകരിക്കുക അത് അത്രയൊരു സ്വതപ്രാമാണ്യത്തെ മീമാംസകനും അംഗീകരിക്കാൻ പറ്റിയില്ല ഈ സ്വതപ്രാമാണിക ലക്ഷണത്തിൽ നിന്ന് ഈ ആപത് ശബ്ദത്തെ മാറ്റി മാറ്റിയിട്ട് സ്വതപ്രാമാണ്യം പറഞ്ഞപ്പോഴാണ് അത് നൈയായികൻ പറഞ്ഞിടത്തും എത്തിയത് അപ്പോഴാണ് നൈയായികൻ പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന സ്വതപ്രാമാണ്യം എവിടെ ഞങ്ങളുടെ പക്ഷത്തും വരും സിദ്ധസാധനം അപ്പൊ ഇപ്പൊ പറയുന്നേക്കാളാ രാവത്ത് ചേർത്ത് കഴിഞ്ഞപ്പോ ശരിയായ സ്വതപ്രാമാണ ഈ സ്വതപ്രാമാണ്യം എന്ന് പറയുന്നത് ാമഗ്രിക പറഞ്ഞ നയ്യായൻ പറയുന്നിടത്ത് അത് വരത്തില്ല അവിടെ എന്താണ് പരാമർശഘടത്ത ജ്ഞാനഗ്രാഹസാമഗ്രിജന്യമാണ് എന്നാൽ എന്നാൽ എന്താ അനുഭവായ സാമഗ്രിജന്യം ായ സാമഗ്രിജന്യഗ്രഹ വിഷയത്വം വരുന്നു പ്രാമാണിത്വം അവ ചുരുങ്ങിയ തരം താണിത് രണ്ടും ഇത് രണ്ടും കൂടെ കയറി വന്നു കഴിഞ്ഞാൽ നൈയായിക പക്ഷത്ത് പോകത്തില്ല ഇനി മീമാംസകര പക്ഷത്ത് പോകുന്നതുകൊണ്ട് മീമാംസപക്ഷത്ത് പോകുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മൂന്ന് പേർക്കാണ് സ്വത പ്രാമാണിയിക്കുന്നത് മൂന്ന് പൊട്ടണം ഗുരുവനും ഈശ്വരമതവും കാട്ടുള്ളത് ഇവർക്ക് മൂന്ന് പേർക്കും എന്താണ് അവിടെ സാമൂഹിക വ്യത്യാസം അപ്പൊ എല്ലാ സാമഗ്രികളും എടുത്തിട്ട് എല്ലാവരിലും എന്താണ് ഒരേ ഗ്രഹവിഷയത്വം വരുത്തണം അതിനാണ് മീമാംസകൻ യാവശബബ്ദം ഉപയോഗിച്ചതെന്ന് ഇതിന്ന് മനസ്സിലാക്കാം അമ്പോ ഈ മാംസവർഷത്തിൽ കുഴപ്പമില്ല യാവം ഈ വിസവർഷത്തെ എന്തായിരുന്നു അവര് യാവതെന്ന് പറഞ്ഞത് ഈ മൂന്നിനെയും കൂടെ എടുക്കാൻ വേണ്ടി യാവത്തെന്ന് പറഞ്ഞാണ് അവർ പറയുന്നത് അല്ലങ്കൂടെ മൂന്ന് മൂന്ന് സാമഗ്രികളെ ചേർന്ന് ഒന്നുണ്ടാക്കുന്നല്ല അവരുദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ അവർ പറയുന്ന ഗ്രഹവിഷയത്വത്തിന് മൂന്ന് സാമഗ്രികളുണ്ട് ആ മൂന്ന് സാമഗ്രികളെയും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് പറഞ്ഞത് യാവത്തെന്ന് പറഞ്ഞാൽ പിന്നെ ഏതിനെടുക്കുമെന്നുള്ള ചോദ്യം വരും വിനിഗമനം ഇല്ലാതെ വരുന്നു ആദ്യത്തേനെടുക്കണോ രണ്ടാമത്തേനെടുക്കണോ അതോ മൂന്നാമത്തേനെടുക്കണോ അങ്ങനൊരു പ്രശ്നം വരും അത് മാത്രമുണ്ടീ ഈ ഓരോന്നിനെടുക്കുമെന്നുള്ള ചോദ്യം വരുന്ന മാത്രമല്ല നയ്യായികൻ പറഞ്ഞെടുത്ത് എന്ത് ചെയ്യും അവിടെയും പോകും അപ്പൊ മീമാംസകർക്ക് എന്ത് വേണം നയ്യായികൻ പറഞ്ഞതുപോലെ സാമഗ്രി ജന്യ ഗ്രഹവിഷയത്തും വരാൻ പാടില്ല ഒന്നാസിദ്ധ സോദനം വരുന്നു എന്നാൽ ഈ മൂന്നടക്കം വേണം സാമഗ്രി ജന്യ ഗ്രഹവിഷയത്തും വരെയാണ് അപ്പൊ മൂന്നിനെയും എടുക്കണമെങ്കി എന്തു പറയണം അപ്പോ മറ്റടുത്ത് പോകുന്നില്ല അപ്പോ എന്ന് പറയേണ്ടി വരും യാവത് സാമഗ്രിജന്യ ഗൃഹഭിഷേകം എന്ന് പറയേണ്ടതാണ് യാവത്തിന്റെ പ്രയോജനം പക്ഷെ ഇങ്ങനെ പറഞ്ഞാലും വീണ്ടും ആക്ഷേപം വരും അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യാവത്ത് എന്ന് മൂന്നും കൂടെ ചേരുന്നു എന്നൊരർത്ഥം വരും ആ അർത്ഥം വന്നു കഴിഞ്ഞാൽ സാമഗ്രി ജന്യഗ്രഹ വിഷയത്തും മീമാംസപക്ഷത്തും കിട്ടുന്നു ഒന്നും കൂടെ ചേർന്നൊരു പൊരിഞ്ഞാലുണ്ടാവും അങ്ങനെ പറഞ്ഞപ്പോഴാണ് നേരത്തെ പറഞ്ഞു സാമ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം യാവത്ത് സാമഗ്രിയിൽ നിന്നും അങ്ങ് മാറ്റണം മാറ്റിയിട്ട് എന്ത് ചെയ്യണം ഗ്രഹവിഷയത്വം അങ്ങനെ യാവ വിഷയത്തും ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ സാമഗ്രിയിൽ പ്രശ്നം വരും താർക്കികന്മാർ പറയും അങ്ങനെയാണെങ്കിൽ എന്ത് വരുന്നു യാവത് ഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രഹത്തിൽ കൂടെ എടുക്കും അനുമതി വിഷയത്തും സിദ്ധസാധനം പിന്നെ ചർച്ച നീണ്ടുപോകും വീണ്ടും അങ്ങനെ വീണ്ടും അതിനെ പരിഹരിക്കാൻ വേണ്ടി അതൊക്കെ ഉപരി ഗ്രന്ഥങ്ങളിൽ വരും വീണ്ടും അതെങ്ങനെ പരിഹരിക്കുന്നു പരിഹരിക്കും ഇവിടെ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത് എന്താണോ യാവത് ശബ്ദം ഇവിടെ അതിന് മുമ്പിലോട്ട് ചർച്ച കൊണ്ടുപോകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നേ ഇത്രയേ ഉള്ളൂ ആ ഭാഗം നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്താ വെച്ചാ ഇത് നമ്മളിങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഇത് പുതിയ പുതിയ സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം വീണ്ടും ചർച്ച ആവശ്യമുണ്ടെന്നോ തീരുന്ന സംഭവം എന്താ പക്ഷെ ഇവിടെ തീർക്കുന്നത് അങ്ങനെയെന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് ഇവിടെ യാബ്ദം ചേർത്തിരിക്കുന്നത് എന്താണോ നൈയായികൻ പറയുന്ന അനുസരിച്ച് സിദ്ധ സാധനം എന്ന് പറയുന്ന ഒരു ദോഷം യാവത് ചേർത്തില്ല യാവത് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് വരുന്നു ജ്ഞാനഗ്രാഹക യാവസാമഗ്രി എന്നീ ഗ്രഹ വിഷയത്വം എന്ന് പറയുമ്പോൾ നൈയായികന്മാർ പറയുന്ന തരത്തിൽ സിദ്ധസാധനം വരുന്നില്ല കാരണം അവര് അപ്പവിടെ അവർക്ക് ജ്ഞാനം എന്നുള്ളതുകൊണ്ട് ആദ്യം എന്തിനെടുക്കേണ്ടി വരും ജ്ഞാനഗ്രാഹകമായിട്ട് എന്തിനെടുക്കേണ്ടി വരും അനുഭവം ജ്ഞാനഗ്രാഹക സാമഗ്രിയായിട്ട് ഏതിനെടുക്കേണ്ടി വരും അനു വ്യവസായ സാമഗ്രി എടുക്കേണ്ടി വരും അതുകൂടെ എടുക്കേണ്ടി വരും എന്ന് പറയുന്നത് അനു വ്യവസായ സാമഗ്രി എടുക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ തദ്ജന്യഗ്രഹ വിഷയത്വം അവർക്ക് ശ്രദ്ധിക്കത്തില്ല കാരണം അവർ പറയുന്ന എന്താണ് പരാമർശഘടിതമായ സാമഗ്രി ജന്യഗ്രഹവിഷയത്വമാണ് അവർ പറയുന്നത് അപ്പോ എന്തുവരുന്നു യാവത് പദം ചേർത്തുകൊണ്ട് എന്ത് ലാഭമുണ്ടായി നയേന്മാര് പറയുന്ന ആ സിദ്ധസാധന ദോഷം എന്ന് പറയുന്നത് ഒഴിവാക്കുന്നു എവിടെയാണ് ഈ സ്വതപ്രാമാണവാദം വരുന്നത് അതിപ്പോൾ കൂടുതൽ കൂടുതൽ കൂടുതൽ സങ്കീർണമായിട്ട് പോകുന്ന ഒരു വിഷയമാണ് പക്ഷേ ഇത് അദ്വൈതത്തിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ വരുകയാണ് അതുകൊണ്ടാണ് അതിന്റെ ആവശ്യം അതുകൊണ്ട് സാമാന്യ പരിചയപ്പെട്ടിരിക്കുക നമ്മൾ നമ്മുടെ പോർഷനുള്ള ഭാഗങ്ങൾ മനസ്സിലാക്കി പോകുക കൂടുതൽ മുമ്പോട്ട് ചിന്തിച്ചു പോയാൽ ചിന്തിച്ചാൽ അന്ധമില്ല എന്ന് മനസ്സിലാകും